സമാധാനത്തെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ ആയൊരു വാർത്ത അവർക്ക് ലഭിച്ചാൽ അവർ അത് പ്രചരിപ്പിക്കുന്നു എന്നാൽ അവർ അത് ദൂതനിലേക്കോ അല്ലെങ്കിൽ അവരിലെ അധികാരമുള്ളവരിലേക്കോ എത്തിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുന്നവർ അത് മനസ്സിലാക്കുമായിരുന്നു അള്ളാഹു സുബാനഹുവാലായുടെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ ചുരുക്കം ചിലർ ഒഴികെ എല്ലാവരും പിശാജിനെ പിന്തുടരുമായിരുന്നു